അധ്യായം ഒന്ന് ഹിസ്കിയ എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രയേൽ രാജാവായി യോവാഷിന്റെ മകനായ യോരോബാമിന്റെ കാലത്തും ബയേരിയുടെ മകനായ ഹോഷേക്ക് യഹോവയുടെ അരുളപ്പാട് ഹോസയാ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശയോട് നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്ക ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവൻ ചെന്ന് ദിബ്ലൈമന്റെ മകളായ ഗോമരനെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് അവന് ഒരു മകനെ പ്രസവിച്ചു യഹോവ അവനോട് അവന് ഇസ്രയേൽ ദൈവം വിതയ്ക്കും എന്ന് പേർവിളിക്കാം ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്രയേലിന്റെ രക്തപാതകങ്ങളെ യേഹു ഗ്രഹത്തോട് സന്ദർശിച്ച് ഇസ്രയേൽ ഗ്രഹത്തിൻ്റെ രാജത്വം ഇല്ലാതെയാക്കും അന്നാളിൽ ഞാൻ ഇസ്രയേൽ താഴ്വരയിൽ വെച്ച് ഇസ്രയേലിന്റെ വില്ല് ഒടിച്ചു കളയും എന്ന് അരുണി ചെയ്തു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകളെ പ്രസവിച്ചു യഹോവ അവനോട് അവൾക്ക് ലോരുഹമ കരുണ ലഭിക്കാത്തവൾ എന്ന് പേർ വിളിക്കാം ഞാനിനി ഇസ്രയേൽ ഗ്രഹത്തോട് ക്ഷമിപ്പാൻ തക്കവണ്ണം അവരോട് ഒട്ടും കരുണ കാണിക്കുകയില്ല എന്നാൽ യഹൂദ ഗ്രഹത്തോട് ഞാൻ കരുണ കാണിച്ച് അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെക്കൊണ്ട് അവരെ രക്ഷിക്കും എന്ന് അരുളി അവൾ ലോരൂഹമയെ മുലകൂടി മാറ്റിയ ശേഷം ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ യഹോവ അവന് ലോ അമ്മി എന്റെ ജനമല്ല എന്ന് പേർ വിളിക്കാം നിങ്ങൾ എന്റെ ജനമല്ല ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയുമില്ല എന്ന് അരുളി ചെയ്തു എങ്കിലും ഇസ്രയേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴി പോലെ ഇരിക്കും നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് അരുളി പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് അവരോട് പറയും യഹൂദ മക്കളും ഇസ്രയേൽ മക്കളും ഒന്നിച്ചുകൂടി തങ്ങൾക്ക് ഒരേ തലവനെ നിയമിച്ച് ദേശത്തുനിന്ന് പുറപ്പെട്ടു പോകും ഇസ്രയേലിന്റെ നാൾ വലുതായിരിക്കുമല്ലോ